ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിപ്പാൻ ദൈവം തന്നവസരത്തെ ഓർത്ത ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഞാൻ മരണനിഴൽ താഴ്വരയിൽ കൂടെ കടന്നാലും മലയാളത്തിൽ കൂരൂരൽ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മരണം നിഴൽ വീഴ്ത്തിയ താഴ്വരയാണ് ആ സാഹചര്യത്തിൽ നമ്മളെങ്ങനെയായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു തുടക്കത്തിൽ ചെയ്തത് തുടർന്ന് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പലസ്തീൻ നാട്ടിൽ കാണുന്ന പലതരത്തിലുള്ള താഴ്വരകളെക്കുറിച്ച് ചിന്തിച്ചു ആഘോർ താഴ്വരയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി ബാഖാ താഴ്വരയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ആഴ്ച നമുക്ക് അയ്യാലോൻ താഴ്വരയെക്കുറിച്ച് ദൈവജനത്തിൽ നിന്ന് ചുരുക്കമായിട്ട് ചിന്തിപ്പാനിടയായല്ലോ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില താഴ്വരകളെക്കുറിച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് യോശയുടെ പുസ്തകം പതിനേഴാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ താഴ്വരയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം യോഷയുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം അവിടെ ഇസ്രായേൽ താഴ്വരയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു യോഷയുടെ നേതൃത്വത്തിൽ കനൻ നാട്ടിലെത്തി അവര് ദേശങ്ങൾ വിഭാഗിച്ച് കൊടുക്കുമ്പോൾ ജോസഫിൻ്റെ മക്കളായ ഗോത്രങ്ങൾ എഫ്രയും മനശിയും വന്ന് യോഷയോട് പരാതി പറയുന്നതൊക്കെയാണ് നമ്മളവിടെ കാണുന്നത് അവർ പറയുന്നു കനാന്യർക്ക് ഇരുമ്പ് രഥങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ കുറച്ച് ഓഹരി മാത്രമേ ഒരു നറുക്കും ഓഹരിയും മാത്രമേ നീ ഞങ്ങൾക്ക് തന്നുള്ളൂ ഞങ്ങൾ വളരെ പേരുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ തരാഞ്ഞത് ഈ ഇരുമ്പ് രഥങ്ങളൊക്കെയുള്ള കനാന്യരൊക്കെ ഇവിടെ അടുത്ത് താമസിക്കുന്നു എന്നെല്ലാം പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ യോശു അവിടെ വളരെ ബുദ്ധിയോടുകൂടെ അവരോട് മറുപടി പറഞ്ഞു നിങ്ങൾ വലിയൊരു ജനം തന്നെയാണ് മഹാശക്തിയുമുണ്ട് നിങ്ങൾക്കൊരോഹരി മാത്രമല്ല വരേണ്ടത് ഒരു കാര്യം ചെയ്യേ ഈ കനാനിയൊക്കെ താമസിക്കുന്ന ഇസ്രായേൽ താഴ്വരയൊക്കെ ബന്ധപ്പെട്ട ആ സ്ഥലങ്ങളുമൊക്കെ നിങ്ങൾ ബലവാന്മാരാണ് നിങ്ങൾക്കതൊക്കെ വെട്ടിപ്പിടിക്കാനായിട്ട് കഴിയും നിങ്ങൾ മഹാശക്തി ഉള്ളവരാണ് നിങ്ങൾക്കൊരോഹരി മാത്രമല്ല വരേണ്ടത് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതെല്ലാം വെട്ടിപ്പിടിച്ചാട്ടെ എന്നവരോട് വളരെ ബുദ്ധിയായിട്ട് സംസാരിച്ചു നമ്മൾ കാണുന്ന യോശുവായും ഒരു എഫ്രൈമ്യനാണ് എഫ്രൈം ഗോത്രക്കാരനാണ് അപ്പോൾ തൻ്റെ ഗോത്രത്തിൽ പെടുന്ന എഫ്രൈം മനുഷ്യ എന്നിവരെ ജോസഫിൻ്റെ മക്കളുടെ രണ്ട് ഗോത്രങ്ങളും വന്ന് യോശുവോട് പരാതി പറഞ്ഞപ്പോൾ യൂസോ പറയുന്ന ഇസ്രായേൽ താഴ്വരയും ഒക്കെ നിങ്ങൾ തന്നെ അധീനമാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ യോശോയുടെ പുസ്തകം പതിനേഴാമധ്യായോ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മളെ കാണുന്നത് അവിടെ വാലി ഓഫ് ജസ്രീൽ ജെഇ സഡ് ആർ ഡബ് എൽ ജസ്രീൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് മലയാള ബൈബിളിൽ ഇസ്രായേൽ താഴ്വര എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ആട്ടെ ഈ ഇസ്രായേൽ താഴ്വര എന്ന് പറയുന്ന ഈ ഭാഗം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ പിന്നീട് ഒരു സന്ദർഭത്തിലൂടെ വളരെ ശ്രദ്ധേയമായ ചില സംഭവ സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ കാണുന്നു അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവം കാലാകാലങ്ങളിൽ പലതരത്തിലുള്ള ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുകയും അവരെ ഇസ്രായേലിനെ നടത്തുകയൊക്കെ ചെയ്ത കാലഘട്ടത്തിൽ ഇതാ അതിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ അനന്തരം മിത്യാന്യരും ഒക്കെ കൂടെ ചേർന്ന് ഇസ്രായേൽ താഴ്വരയിൽ ഇസ്രായേലിനെതിരെ പാളയമിറങ്ങുന്നു ഇതാണ് നമ്മളെ ഇസ്രായേൽ താഴ്വരയെക്കുറിച്ച് പിന്നീട് കാണുന്നത് ഇവിടെ ഇസ്രായേൽ താഴ്വരയിൽ പാളയമിറങ്ങിയപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ സംരക്ഷിക്കാനായിട്ട് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ചു ഗിതയോനാണത് ഗിതയോൻ്റെ ചരിത്രം നമുക്കറിയാം ഗിതയോൻ താന് കാഹളമൂതി തന്നെ പലരെ വിളിച്ചുകൂട്ടി അവരെല്ലാം വന്ന് ഈ മിത്യാന്യരോട് ഈ മിത്യാന്യരും അമു ശത്രുക്കളോട് യുദ്ധം ചെയ്യാനായിട്ട് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുന്നു അതിനു മുമ്പ് ഗിതയോൻ ദൈവം തന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവായിട്ട് താന് തോലിട്ട് ഒരു പരീക്ഷണമൊക്കെ നടത്തുന്നതാണ് ആറാമത്തെ അധ്യായത്തിൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് എന്നാൽ ഏഴാമത്തെ അധ്യായത്തിൽ ഇതാ ഇസ്രായേൽ താഴ്വരയിൽ പാളയമിറങ്ങിയിരിക്കുന്ന മിഥ്യാന്യര് അവരുടെ മുൻപാകെ അവരോട് യുദ്ധത്തിനായിട്ട് പോകാൻ ഗിതയോൻ തൻ്റെ ഇസ്രായേലിലുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ദൈവം അവിടെ പറയുന്നു ഏഴാമത്തെ അധ്യായത്തിൽ എൻ്റെ രണ്ടാമത്തെ വാക്യം യഹോവ ഗിതയോനോട് നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഇവരെ കൂടെ നമുക്ക് യുദ്ധത്തിന് കൊണ്ടുപോകേണ്ട ഇവരിൽ കുറേ പേരെ മടക്കി അയക്കാം എന്ന് പറയുന്നു നമുക്ക് വളരെ പരിചിതമായ സംഭവമാണ് ഗിതയോനെ ഗിതയോൻ തൻ്റെ കൂടെ വന്ന ആളുകളെ മടക്കി അയക്കുന്ന രംഗം ഗിതയോൻ്റെ അടുത്ത് മുപ്പത്തിയിരായിരം പേരാണ് ഇസ്രായേൽ മക്കളെ യുദ്ധത്തിനായിട്ട് വന്നു കൂടിയത് അപ്പോൾ ആദ്യം ഗിതയോൻ ദൈവം പറഞ്ഞതനുസരിച്ച് പറയുന്നു ഭയവും ഭീരുത്വവും ഉള്ളവരുണ്ടെങ്കിൽ മടങ്ങി പറഞ്ഞപ്പോൾ ഇരുപത്തിയിരായിരം പേർ മടങ്ങിപ്പോയി ബാക്കി പതിനായിരം പേരാണ് ശേഷിച്ചത് എന്നാൽ ഏഹോവ പിന്നെയും ഗിതേവനോട് പറയുന്നു ജനം ഇതധികമാണ് അതുകൊണ്ട് നീ ഇവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകുക ഞാൻ അവിടെ വച്ച് ഇവരെ പരിശോധിച്ച് അതിൽ നിന്ന് യുദ്ധത്തിന് കൊണ്ടുപോകുന്നവ കൊണ്ടുപോകേണ്ടവരെ ഞാൻ വേർതിരിച്ച് തരാമെന്ന് പറഞ്ഞു അവരെ ഗിതയോൻ വെള്ളത്തിനടുത്തേക്ക് കൊണ്ടുപോയി അവരിൽ ചിലര് വെള്ളം കയ്യിൽ കൈക്കുമ്പിളിൽ കോരി നാവ് കൊണ്ട് കുടിക്കുന്നതുപോലെ കുടിക്കുന്ന ആളുകളെ വേർതിരിച്ച് നിർത്തി വെള്ളം കുടിപ്പാൻ ആ അരുവിയിലേക്ക് മുട്ടുകുത്തി കുനിയുന്നവരെ ഒക്കെയും വേറെ നിർത്തി കണ്ടോ കൂടുതൽ പേരും കൂടുതൽ പേരും ആ വെള്ളത്തിലേക്ക് ആ ഭൂമിയിലേക്ക് മുട്ടുകുത്തി കുനിഞ്ഞ് കിടന്ന് വെള്ളം കുടിക്കുന്നവരായിരുന്നു എന്നാൽ ചിലര് മുന്നൂറ് പേർ മാത്രം അവരെന്ത് ചെയ്തു കൈക്കുമ്പിളിൽ വെള്ളം കോരി അത് കുടിച്ചുകൊണ്ട് ന പട്ടി നക്കി കുടിക്കുന്നത് കുടിക്കുന്ന ആളുകളാണ് മുന്നൂറ് പേര് ദൈവം ആ മുന്നൂറ് തനിക്കായിട്ട് യുദ്ധത്തിനായിട്ട് തിരഞ്ഞെടുത്തത് ബാക്കിയുള്ള ഭൂരിപക്ഷം പേരെയും മടക്കി അയച്ചു എന്തുകൊണ്ടാ ഒരു ദേവദാസൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളും ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ദാഹമുണ്ട് ഇവിടെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ദാഹം തീർക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അതിനങ്ങ് ഭൂമിയിലോട്ടങ്ങ് ഈ വെള്ളത്തിലോട്ടങ്ങ് മുട്ടുകൊത്തി കുനിഞ്ഞു കിടന്ന് അങ്ങനെ അങ്ങ് കിടക്കുന്ന ഭൂമിയോടത്രയേറെ താല്പര്യത്തിൽ കിടക്കുന്ന ആളുകളെ ദൈവത്തിന് യുദ്ധത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല അതേസമയം അവരെ വെള്ളം അത്യാവശ്യം കുടിക്കണം പക്ഷേ വെള്ളം കുടിക്കുമ്പോഴും ശത്രു വരുന്നുണ്ടോ എന്ന് നോക്കത്തക്കവണ്ണം ആ നിലയിൽ തങ്ങളെ തന്നെ സജ്ജീകരിച്ച് ആ ഒരു ജാഗ്രതയോടെ നിന്ന മുന്നൂറ് പേരെയാണ് ദൈവം തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് നമുക്കായിട്ടൊരു പാഠമായിട്ടെടുക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഭൂമിയിലായിരിക്കുന്നു പല കാര്യങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ പല കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട് പക്ഷേ അവിടെ അങ്ങ് മുട്ടുകുത്തി കിടന്ന് ആ വെള്ളം കുടിക്കുന്നവരായിട്ടല്ല മറിച്ച് നമ്മളൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത് എന്ന ജാഗ്രതയോടെ വെള്ളം കുടിക്കുകയും അതേസമയം തന്നെ ശത്രു വരുന്നുണ്ടോ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യത്തക്ക രീതിയിൽ ജാഗ്രതയുള്ള മുന്നൂറ് പേരെ ദൈവം പറഞ്ഞതനുസരിച്ച് ഗിദേവൻ തെരഞ്ഞെടുക്കുന്നു അപ്പൊ നോക്കുക മുപ്പത്തി ഈരായിരം പേര് വന്നെടുത്ത് മുപ്പത്തോരായിരത്തി എഴുന്നൂറ് പേരെയും മടക്കി അയച്ചു ശേഷിച്ച മുന്നൂറ് പേരുമായിട്ട് ഗിതയോൻ യുദ്ധത്തിനായിട്ട് ഈ താഴ്വരയിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പം ആ യുദ്ധവും വളരെ പ്രത്യേകതയുള്ള യുദ്ധമാണ് നമുക്ക് ഈ ചരിത്രം അറിയാം എന്ത് ചെയ്തു അവർ ഓരോരുത്തരുടെ കൈയിലും ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഒരു ഓരോ പന്തവും കൊടുത്തു നൂറുപേര് വീതം മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഇവരുടെ പാളയത്തിൻ്റെ അവിടെ നിന്ന് മൂന്നുകൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു എന്നിട്ട് കുടങ്ങൾ ഉടച്ചു അവരെ കാഹളം പിടിച്ച് യഹോവയ്ക്കും ഗീതോനും വേണ്ടി വാൾ എന്നാർത്തു ഈ ബഹളമൊക്കെ കേട്ടപ്പോൾ മിഥ്യാന്യര് വിചാരിച്ചു ശത്രുക്കൾ ആരോ വന്നു എന്ന് വിചാരിച്ച് അവർ ആ രാത്രിയിലെ ബഹളത്തിനിടയിൽ ആകെപ്പാടെ അവർ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി നശിപ്പിച്ചു ദൈവം ഈസ്രായേൽ താഴ്വരയിൽ വലിയൊരു ജയം ഇസ്രായേൽ മക്കൾക്ക് നൽകി നോക്കുക അവരുടെ ശക്തി കൊണ്ടാണോ അവരുടെ ശക്തി കൊണ്ടല്ല അവരുടെ ശക്തിയിലല്ല ദൈവം പ്രവർത്തിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കും ഇന്നായിരിക്കുന്ന നമ്മൾ ആ ഒരു താഴ്വരയുടെ അവസ്ഥയിലൂടെ കടന്നു നമുക്കും കാണാനായിട്ട് കഴിയേണ്ടത് നമ്മുടെ ഒരു ശക്തി കൊണ്ടല്ല നമ്മൾ ഈ കാര്യങ്ങളെ ജയിക്കുന്നത് ഈ കാലഘട്ടത്തെ മറികടക്കുന്നത് ജയാളികളായി തീരുന്നത് മറിച്ച ദൈവം തന്നെ നമുക്ക് യുദ്ധം ചെയ്യും ദൈവത്തിനായിട്ട് ആ നിലയിൽ ഒരു ബോധ്യത്തോടെ നമ്മുടെ കഴിവുകൾ ഒന്നുമില്ല എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ കഴിവുകളിൽ വിശ്വ വിശ്വസിച്ച് ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് നമ്മൾ നിന്നാൽ ദൈവം നമുക്ക് ഒരു വലിയ വിജയം നൽകും അതാണ് ഇസ്രായേൽ താഴ്വര നമുക്ക് നൽകുന്ന സന്ദേശം പ്രിയപ്പെട്ടവരെ പലപ്പോഴും വിശ്വാസത്തിലേക്ക് വരുമ്പോഴും നമ്മൾ വിശ്വാസ ജീവിതത്തിൽ തുടക്കക്കാരായിരിക്കുമ്പോഴും നമ്മളെല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കും എന്നാൽ നാളുകൾ മുന്നോട്ട് പോകപ്പോകെ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം കുറഞ്ഞു കുറഞ്ഞു വരികയും നമുക്ക് തന്നെ ഒരു ബലം വരികയും ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഈ കാര്യം കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ താഴ്വരയിൽ ദൈവം കേവലം മുന്നൂറ് പേരെ കൊണ്ടൊരു യുദ്ധം ജയിച്ച് ഇങ്ങനെ സ്വയത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് ഒരു പാഠം നൽകാനായിട്ട് മിഥ്യാന്യരെ ഇങ്ങനെ തോൽപ്പിക്കാനിടയായത് എന്ന് നമുക്ക് ചിന്തിക്കാം മിഥ്യാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഷാഠ്യമെന്നാണ് ഷാഠ്യം ഈ ശാഠ്യത്തിന് എതിരായ കാര്യം എന്താണ് അതിന് കീഴടങ്ങിക്കൊടുക്കുന്നതാണ് ഷാഠ്യത്തിനെതിരായ കാര്യം ശാഠ്യത്തെ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് നൽകുന്ന ബലഹീനത കൊണ്ട് മാത്രമേ നമുക്ക് കുറുക കടക്കാനായിട്ട് കഴിയുള്ളൂ മിഥ്യാനെ ശാഠ്യത്തെ ആ നിലയിലേയും നമുക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയുള്ളൂ നമ്മൾ ഇസ്രായേൽ താഴ്വരെ നമുക്ക് നൽകുന്ന ഈ പാഠത്തെ പറഞ്ഞത് നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചിലപ്പോഴെല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കും എന്നാൽ പോകെ പോകെ നാളുകൾ കഴിയുന്നു ആളുകൾക്ക് സഭയിലുള്ളവർക്ക് നമ്മളെക്കുറിച്ച് മതിപ്പാകുന്നു അല്ലെങ്കിൽ പലരും പല കാര്യങ്ങൾക്ക് നമ്മളെ അഭിനന്ദിക്കുന്നു നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പഴയതുപോലൊന്നുമല്ല പല കാര്യങ്ങളിൽ ദൈവം എനിക്ക് വലിയ വിജയം തന്നു എൻ്റെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ അഭിനന്ദിക്കാനായിട്ട് തുടങ്ങും ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സാധാരണ വിശ്വാസികളായ ആളുകളുടെ ഇടയിൽ പിശാചു കൊണ്ടുവരുന്ന അവൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അതാണ് അവരവരെ തന്നെ നോക്കുമ്പോൾ ഒന്നും കാര്യങ്ങൾ കുഴപ്പമില്ല എല്ലാം ഭംഗിയായിരിക്കുന്നു അപ്പോൾ തങ്ങളുടെ സ്വന്തം ശക്തിയിൽ അറിയാതെ തന്നെ പുകഴാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ബൈബിള് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരാളെ നമുക്കറിയാമല്ലോ അത് ദാവീദാണ് അപ്പോൾ സ്ഥലപ്രവൃത്തി പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലാണ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് പൗലോസ് തൻ്റെ പ്രസംഗത്തിൽ ദാവീദിനെ വിശേഷിപ്പിക്കുന്നത് ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് കൃത്യമായ ആ പരിഭാഷ കണ്ട് ദൈവം ദാവീദിനെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് എന്നാൽ ആ ദാവീദിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ വളരെ നല്ല നിലയിൽ ദൈവം അവനെ സഹായിച്ച് പല കാര്യങ്ങളിൽ മുന്നോട്ട് വന്നു മുന്നോട്ട് വന്ന് നമുക്കറിയാം പല ശത്രുക്കളെ നേരിട്ടു വലിയ വിജയം നൽകി എരിശിലെയും തലസ്ഥാനമാക്കി അവിടെ ദേവാലയം പണിയാനുള്ള കരുക്കളൊക്കെയും ചേർത്ത് വെച്ചു തനിക്ക് ഒരു ആ നിലയിൽ ഒരു ശത്രു ഭീഷണി ഇല്ലാതവണ്ണ കാര്യങ്ങളൊക്കെ താനൊരു ജയാളിയായിട്ട് അങ്ങനെ നിൽക്കുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ചില പോരായ്മകളും ചില വീഴ്ചകളും ഒക്കെ ദൈവം അതിൽ നിന്നൊക്കെ വിടുവിച്ച് പിന്നെയും ദാവീദിനെ വിജയത്തോടെ മുന്നോട്ട് നടത്തുമ്പോൾ ദാവീദ് സ്വന്ത ബലത്തിൽ ആശ്രയിച്ചു പോയ ഒരു സംഭവം ദാവീദിൻ്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തോട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ ഇപ്പോൾ നമ്മൾ സ്വന്തം ബലത്തിൽ ആശ്രയിക്കരുത് എന്ന് പറഞ്ഞ് മിഥ്യാൻ്റെ ശാഠ്യത്തിനെതിരെ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം നമുക്ക് നൽകുന്ന ബലഹീനതയാണ് നമുക്കതിനുള്ള മറുമരുന്ന് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദാവീദിൻ്റെ ഈ ജീവിതത്തിലെ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം നമ്മൾ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കുന്നു താൻ ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാരാജാവായിട്ട് വാഴുന്നു തനിക്ക് എതിരാളികളൊന്നുമില്ല അങ്ങനെ ഇരിക്കേ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം കണ്ടോ അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിച്ചു നമ്മൾ രണ്ട് ശമുലിയിൽ ഇരുപത്തിനാലിൻ്റെ ഒന്ന് രണ്ടാം വാക്യങ്ങളിൽ വായിക്കുമ്പോൾ യഹോവയാണ് അവനെ ആ നിലയിൽ പ്രേരിപ്പിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് വാക്യങ്ങളെ രണ്ട് ശമുലി ഇരുപത്തിനാലിൻ്റെ ഒന്ന് രണ്ടാം വാക്യങ്ങളെ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തോടെ വചനത്തെ വചനത്തോട് നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയും സാത്താനാണ് ഇസ്രായേലിന് വിരോധമായിട്ട് എഴുന്നേറ്റ് ദാവീദിനെ ആ നിലയിൽ തെറ്റായ ഒരു മനോഭാവത്തിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ദൈവം അതിന് അവനെ പരീക്ഷിക്കാനായിട്ട് അത് അനുവദിച്ചു കൊടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ എന്നോട് ചേർത്താൽ ചിന്തിക്കാം ഏതായാലും നമ്മൾ കാണേണ്ട കാര്യം അപ്പോഴ് ദാവീദ് ഇസ്രായേലിനെ എണ്ണുന്നത് ദാവീദ് അതിന് തുനിഞ്ഞപ്പോൾ യോവാബും തൻ്റെ മന്ത്രിയായിരുന്ന യോവാബും തൻ്റെ തൻ്റെ സൈന്യാധിപന്മാരും ഒക്കെ അവർക്കാർക്കും അതിനോടൊരു താല്പര്യമില്ലായിരുന്നു എന്തുകൊണ്ടാണ് ദാവീദ് ഈ തൻ്റെ ജനത്തെ എണ്ണുന്നത് ഇത്ര വലിയ പ്രശ്നമായിട്ട് ദൈവമെടുത്തത് പ്രിയപ്പെട്ടവര് ആ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ദാവീദ് ഇവിടെ നടത്തിയത് ഒരു മിലിറ്ററി സെൻസസ് ആണെന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത് അതായത് ആയുധപാണികളായിട്ട് എത്ര പേരുണ്ട് തനിക്ക് എത്ര പേര് തനിക്ക് ആയുധപാണികളായിട്ട് തൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ അറിയാനായിട്ടാണ് ദാവീദ് ഈ ജനസംഖ്യ എടുപ്പ് നടത്തിയത് നമ്മൾ രണ്ട് ക്ഷമയിൽ ഇരുപത്തിനാലിൻ്റെ ഒൻപതിൽ കാണുന്നുണ്ടല്ലോ ആയുധവാണികളുടെ എണ്ണം അപ്പം നോക്കിയാൽ തൻ്റെ ജനത്തിൽ എത്ര പേരുണ്ട് അവരിൽ എത്ര പേര് യോദ്ധാക്കളായിട്ടുണ്ട് എന്ന് വേണ്ട താന് തനിക്ക് കിട്ടിയ ആ നിലയിൽ ദൈവം അനുഗ്രഹിച്ച ആ അനുഗ്രഹത്തിൽ താനൊരു പുകഴ്ച പുകഴ്ച്ച സ്വയം എടുത്ത് തൻ്റെ സൈന്യത്തെക്കുറിച്ചൊക്കെ ഒരു സ്വയം ഒരു അഭിനന്ദനത്തിലേക്ക് കടന്നു പോകേണ്ടതിന് താന് ശ്രമിക്കുന്നതാണ് ദൈവത്തിന് അവിടെ ഇഷ്ടപ്പെടാഞ്ഞത് ഒരുപക്ഷേ ഈ ഭാഗങ്ങളെ ശ്രദ്ധിച്ച് വായിക്കുന്ന വേദപണ്ഡിതന്മാർ പറയും പുറപ്പാട് മുപ്പതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ജനസംഖ്യ എടുക്കുമ്പോൾ ഇസ്രായേൽ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പതാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ജനസംഖ്യ എടുക്കേണ്ടതിന് എണ്ണുമ്പോൾ ജനത്തിൻ്റെ മധ്യേ ബാധയൊന്നും ഉണ്ടാകാതിരിക്കാൻ വീണ്ടെടുപ്പ് വിലയായിട്ട് ഓരോരുത്തരും അരശേഖല വീതം കൊടുക്കണം പ്രായച്ചിത്ത ദ്രവ്യം കൊടുക്കണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ഇവിടെ ഇതാ ദാവീദ് ഇവിടെ തൻ്റെ ജനത്തെ എണ്ണാൻ തുടങ്ങിയപ്പോൾ ആ നിലയിൽ പ്രായച്ചിത്ത ദ്രവ്യം കൊടുത്തതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല ഒരുപക്ഷെ അതാണോ എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള മനോഭാവം ശരിയല്ലായിരുന്നു ദാവീത് എന്താ ദാവീദ് സ്വന്തം ശക്തിയിൽ പുകഴുകയും സ്വയം അഭിനന്ദിക്ക് തനിക്കെത്ര പടയാളികൾ യുദ്ധസന്നദ്ധരായിട്ടുണ്ട് താനൊരു വലിയ ആളാണ് ദൈവം തന്നെ അനുഗ്രഹിച്ചു താൻ ഇസ്രായേലിൻ്റെ അടിത്തറയിട്ട ആ നിലയിലുള്ള ഒരു മഹാചക്രവർത്തിയാണ് എന്നൊക്കെയുള്ള ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന ഒരു നികളം അതിനെ പുറത്ത് കൊണ്ടുവരികയാണ് താൻ ഈ ജനത്തെ എണ്ണിയതിലൂടെ സംഭവിച്ചത് അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ദൈവം അതിൻ്റെ മേൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഒരു മഹാമാരി അയക്കുന്നു അതിന് ദാവീദിനെ ന്യായം വിധിക്കുന്നത് നമ്മളവിടെ കാണുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൽ നിന്നെടുക്കേണ്ട ഒരു കാര്യം എന്താ നമ്മൾ വർഷങ്ങൾ കടന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം പല അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയാലും നമ്മൾ പിന്നെയും ദൈവത്തിൻ്റെ മുമ്പാകെ ആത്മാവിൽ ഒരു ദാരിദ്ര്യത്തോടെ പിന്നെയും ദൈവമേ എനിക്കെന്നിൽ തന്നെ അഭിനന്ദിക്കാനായിട്ടൊന്നുമില്ല എനിക്കെന്നിൽ തന്നെ ഒരു സ്വയബലമില്ല എന്നിൽ തന്നെ ഞാൻ പുകഴാനായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു ബലമില്ലാത്തവരെ പോലെ ആത്മാവിൽ ദരിദ്രരെ പോലെ എപ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കണം അത്താ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പർവ്വത കർത്താവ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞ് ആ പ്രഭാഷണം ആരംഭിക്കുന്നത് ആത്മാവിലെ ദാരിദ്ര്യം നമുക്കറിയാം ഭൗതികമായ ദാരിദ്ര്യം പോലെയാണ് ഭൗതികമായി ദാരിദ്ര്യമുള്ള ഒരാൾ എപ്പോഴും ഒരു ആവശ്യത്തിലായിരിക്കും പണക്കാരനായ ഒരാളുടെ അടുത്ത് ചെന്ന് ധനവാനായ ഒരാളുടെ അടുത്ത് ചെന്ന് എപ്പോഴും ചോദിക്കാൻ അവന് മടിയില്ല കാരണം അവൻ ഭൗതികമായി ദരിദ്രനാണ് ഇത് തന്നെയാണ് ആത്മാവിലെ ദാരിദ്ര്യാവസ്ഥയും നമ്മൾ എത്ര വർഷങ്ങൾ കടന്നു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എത്ര സീനിയോറിറ്റി ഉണ്ടായാലും നമ്മളെപ്പോഴും ആത്മാവിൽ ഒരു ദരിദ്രരായിട്ട് നിൽക്കണം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ദൈവമേ എനിക്കൊരു ബലവുമില്ല നീ തന്നെ എന്നെ സഹായിക്കണം എന്ന നിലയിൽ നിൽക്കുന്ന ആളുകളാണ് ഭാഗ്യവാൻമാർ എന്ന് മത്തായി അഞ്ചിൻ്റെ മൂന്നിൽ കാണുന്നു ആൽമാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന ആ ദരിദ്രൻ എന്ന് പറയുന്ന അതേ വാക്ക് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനാറിൻ്റെ ഇരുപതില് ലാസറിനെ വിശേഷിപ്പിക്കാൻ ലാസറിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ ലാസർ നമുക്കറിയാം അവൻ ആ ധനവാൻ്റെ പടിവാതുക്കൾ അങ്ങനെ എപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ദരിദ്രനായിട്ടായിരുന്നതുപോലെ നമ്മളും ആത്മാവിലുള്ള ദാരിദ്ര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം അല്ലാതെ ഒരിക്കലും നമ്മൾ അബോധപൂർവമായിട്ടാണെങ്കിലും നിഗളിച്ചു പോകാനിടയാകരുത് അങ്ങനെ നിഗളിച്ചാൽ ദൈവം അതിൻ്റെ മേലൊരു ന്യായവിധി നടത്തും എന്നുള്ളതാണ് ഈ ദാവീദിൻ്റെ ചരിത്രത്തോട് ചേർത്ത് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് ഇസ്രായേൽ താഴ്വര നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സ്വയത്തിൽ ബലവാന്മാരായി പോകരുത് എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ നിൽക്കണം ദൈവമാണ് ചെറിയ സംഖ്യ ആളുകളെ കൊണ്ട് പോലും ജയം നൽകുന്നത് ഇതൊക്കെയാണ് ഇസ്രായേൽ താഴ്വരെ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞ് നമ്മളതിനെ തുടർന്ന് ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ തനിക്ക് പറ്റിയ ഒരു തോൽവിയെക്കുറിച്ചും പറയായിരുന്നല്ലോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അപ്പോസലിനായ പൗലോസിൻ്റെ അനുഭവം നമുക്കറിയാം രണ്ട് കൊരിന്തീർ പന്ത്രണ്ടാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിലേക്ക് വരുമ്പം താന് എപ്പോഴും ബലഹീനതയിലായി തന്നെ നിലനിർത്താനായിട്ട് ദൈവം സാത്താൻ്റെ ദൂതനെ തന്നെ കുത്താനായിട്ട് ഏൽപ്പിക്കുന്നു നോക്കി ഈ ഭാഗങ്ങളറിയാം എന്തുകൊണ്ടാണ് താന് ധാരാളമായി ദൈവത്തിൽ നിന്നുള്ള ആ നിലയിലുള്ള വെളിപ്പാടുകൾ പ്രാപിച്ച വലിയ ക്രിസ് ക്രിസ്തീയ സഭയുടെക്ക് അടിത്തറയിടാനായിട്ട് ദൈവം ഉപയോഗിച്ച പ്രധാനപ്പെട്ട പുസന്മാരിൽ ഒരാളാണ് പൗലോസ് തനിക്ക് വളരെ വിദ്യാഭ്യാസമുണ്ട് വളരെ കഴിവുണ്ട് തിരുവെഴുത്തുകളൊക്കെ നന്നായിട്ട് അറിയാം താൻ നല്ല എബ്രാരിൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായ നീതി സംബന്ധിച്ച് അനിന്യൻ എന്നൊക്കെ പറയത്തക്കവണ്ണം നല്ല പശ്ചാത്തലമുള്ള ആളാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ആത്മീക രംഗത്തേക്ക് വന്നപ്പം തനിക്കുണ്ടാകാവുന്ന ഒരു കാര്യം കുറച്ച് കഴിയുമ്പോൾ തനിക്ക് ദൈവം ചെയ്ത ഈ നന്മകളിൽ ആശ്രയിച്ച് ദൈവത്തെ മറന്നുപോകാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ബലഹീനനായി നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയി പോകാം എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം തൻ്റെ കരുണയിൽ അവന് ആ നിലയിൽ ഒരു ബലഹീനത അനുവദിച്ചു അത് പൗലോസ് തിരിച്ചറിയുന്നതാണ് രണ്ട് കോരിന്ത പന്ത്രണ്ടിൻ്റെ ഒൻപതാമത്തെ വാക്യങ്ങളിലൊക്കെ വിവരിക്കുന്നത് നമ്മളിത് പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമുക്കുണ്ടായ ദൈവാനുഭവം അല്ലെങ്കിൽ ദൈവം നമ്മളോട് ഇടപെട്ട കാര്യം ദൈവം നമ്മളോട് നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഒരു അംഗീകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ നമ്മൾ സ്വയം കൂടുതൽ കൂടുതൽ ബലഹീനരായിത്തീരാൻ കഴിയുന്നത് വളരെ വേഗത്തിൽ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു കാര്യം മാത്രം പങ്കുവച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നമ്മൾ മൂന്ന് വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി ഒൻപതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് ഡമസ്കോസിൻ്റെ പടിവാതുക്കൾ വെച്ച് ദൈവത്തിൻ്റെ ദൈവം അവനെ സന്ദർശിക്കുന്നതാണ് വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി ഒൻപതിൻ്റെ മൂന്നിൽ ആ ഭാഗം നമ്മൾ കാണുന്നത് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവനെ ചുറ്റിമിന്നി ദൈവം അവനോട് ഇടപെടുകയാണ് ഈ കാര്യത്തെക്കുറിച്ച് താന് അപ്പോസിലപ്പവർത്തി ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പിന്നീട് ന്യായാധിപ സംഘത്തിനും യഹൂദന്മാർക്കും ഒക്കെ മുമ്പാകെ തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഈ സന്ദർഭത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് ഇരുപത്തിരണ്ടിൻ്റെ ആറിൽ താൻ പറയുന്നു അങ്ങനെ പ്രയാണം ചെയ്ത് ഡെമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി പ്രിയപ്പെട്ടവരെ ഏത് സംഭവമാണ് അപ്പോസല പ്രവർത്തി ഒമ്പതിൻ്റെ മൂന്നിൽ നടന്ന സംഭവം തന്നെ വർഷങ്ങൾക്ക് ശേഷം പൗലോസ് രേഖപ്പെടുത്തുമ്പം പൗലോസ് പറയുമ്പം അപ്പോസല പർവർത്തി ഒമ്പതിൻ്റെ മൂന്നിൽ ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം എന്ന് മാത്രമാണ് പരാമർശിച്ചിരുന്നതെങ്കിൽ ഇരുപത്തിരണ്ടിൻ്റെ ആറിൽ വന്നപ്പോൾ പൗലോസ് അതിനെ പറയുകയാണ് വലിയൊരു വെളിച്ചം അപ്പൊ കണ്ടോ ഡമസ്കോസിന്റെ പടിവാദത്തിൽ വെച്ച് താൻ കണ്ട ആ വെളിച്ചത്തെ വർഷങ്ങൾ പിന്നിട്ടപ്പം ആ വെളിച്ചത്തെ വലിയൊരു വെളിച്ചം കൂടുതൽ വെളിച്ചമായിട്ടാണ് പൗലോസ ചിത്രീകരിക്കുന്നത് ഇരുപത്തിയാറാം അധ്യായം അപ്പൊസ്ല പ്രവർത്തി ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ പിന്നെയും അഗ്രിപ്പ രാജാവിനോട് പ്രതിപാദിക്കുന്ന ആ രംഗത്ത് അപ്പൊസ്ല പ്രവർത്തി ഇരുപത്തിയാറിൻ്റെ പതിമൂന്നിൽ ഈ വെളിച്ചത്തെ എങ്ങനെയാണ് അവശേഷിപ്പിക്കുന്നതെന്ന് കണ്ടോ ഡെമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞോ ഒരു വെളിച്ചം ആകാശത്തിൽ എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു നമ്മളെ മൂന്ന് വാക്യങ്ങളാണ് കണ്ടത് ഒന്ന് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പൗലോസിനുണ്ടായത് ആകാശത്ത് ഒരു വെളിച്ചം ആകാശത്ത് ഒരു വെളിച്ചം അവനെ ചുറ്റി മിന്നി എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതേ കാര്യത്തെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ പൗലോസ് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ആ പ്രകാശത്തെ കൂടുതൽ കൂടുതൽ വർധിച്ചു വരുന്ന പ്രകാശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഇരുപത്തിരണ്ടിൻ്റെ ആറിൽ പറയുമ്പോൾ വലിയൊരു വെളിച്ചം എന്നാ പറയുന്നു ഒൻപതിൻ്റെ മൂന്നിൽ ഒരു വെളിച്ചമെന്ന് പറഞ്ഞത് അപ്പോസ്സലായ പൗലോസ് ഇരുപത്തിരണ്ടിൻ്റെ ആറിൽ വലിയൊരു വെളിച്ചമെന്ന് വിശേഷിപ്പിക്കുന്നു പിന്നെയും നാളുകൾ കടന്നുപോയി ജീവിതത്തിന്റെ ഒരു സായേന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്ല പ്രവർത്തി ഇരുപത്തി ആറിൻ്റെ പതിമൂന്നിൽ സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞോ ഒരു എന്ന് എന്നതിനെ കൂടുതൽ തീവ്രമായ ഒരു വെളിച്ചമായിട്ട് പൗലോസ് ചിത്രീകരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യമാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം അല്ലെങ്കിൽ ദൈവം പൗലോസിനോട് ഇടപെട്ടത് അതിനെക്കുറിച്ചുള്ള ഓർമ്മ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് അതിനെക്കുറിച്ചുള്ള അംഗീകാരം നാൾ കഴിയും ചെറുതായി ചെറുതായി വരികയല്ല നാൾ കഴിയും വലുതായി വലുതായി വരികയാണ് ആദ്യമൊരു വെളിച്ചം പിന്നീട് വലിയൊരു വെളിച്ചം പിന്നീട് നട്ടുച്ച സൂര്യൻ്റെ പ്രകാശത്തെ കവിയുന്ന വെളിച്ചം കണ്ടോ നാളെ കഴിയും തോറും ആ വെളിച്ചം ദൈവാനുഭവം ദൈവം തന്നോട് ഇടപെട്ടത് കൂടുതൽ തീക്ഷ്ണമായിട്ടും കൂടുതൽ ഗൗരവമായിട്ടും ദൈവത്തെ താൻ കാണുകയും കൂടുതൽ തിരിച്ചറിയുകയും കൂടുതൽ അനുഭവിക്കുകയും ചെയ്യുന്നു അല്ലാതെ ആ ദൈവാനുഭവം കുറഞ്ഞു വരികയല്ല ചെയ്യുന്നത് അത് കൂടിക്കൂടി വരികയാണ് പ്രിയപ്പെട്ടവര് അങ്ങനെ കൂടി വന്നതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം കണ്ടോ നമ്മൾ ഒന്ന് കോരിന്ത്യർ പതിനഞ്ചിൻ്റെ ഒൻപതിൽ താന് തന്നെക്കുറിച്ച് പറയുന്നു ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്നാ പറയുന്നു അത് കഴിഞ്ഞ് ചില നാളുകൾക്ക് ശേഷം താന് എഫ് ലേഖനം എഴുതുമ്പോൾ എഫ് എ സിർ മൂന്നിൻ്റെ എട്ടിൽ തന്നെക്കുറിച്ച് തന്നെ പറയുന്നു ഞാൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ എന്നാ പറയുന്നു പിന്നെയും നാളുകൾ കഴിഞ്ഞ് താൻ ഏതാണ്ട് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പം ഒന്ന് തീമത്തി ഓസ് താൻ തന്നെക്കുറിച്ച് പറയുന്നു ഞാൻ പാപികളിൽ ഒന്നാമൻ കണ്ടോ അതിങ്ങനെ കുറ തന്നെ കുറിച്ച് അംഗീകാരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എ ഡി അൻപത്തൊൻപതിലാണ് ഒന്നുകൊരുന്ത്യർ എഴുതുന്നത് അന്നേരം പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നു ഞാൻ അപ്പോസ്സലന്മാരിൽ ഏറ്റവും ചെറിയവനാണ് ചെറിയവനാണ് എ ഡി അറുപത്തി നാലാണ് എന്നാലിലാണ് എഫ് എ സിർക്ക് എഴുതുന്ന ലേഖനം അതായത് അഞ്ച് വർഷം കൂടെ കഴിഞ്ഞ് എഫ് എ സിർക്ക് ലേഖനം എഴുതുമ്പം ഇപ്പം പൗലോസ് പറയുന്നു ഞാൻ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തുന്നില്ല വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്നു അത് കഴിഞ്ഞ് എ ഡി അറുപത്തി ഒരു വർഷം കൂടെ പിന്നിട്ട് താന് തീമത്യോസിനെഴുതുന്ന ആദ്യ ലേഖനത്തിൽ താൻ പറയുന്നു ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് പറയുന്നു എ ഡി അറുപത്തേഴിനോട് ചേർ അറുപത്തേഴ് അറുപത്തെട്ടിനോട് ചേർന്ന് അദ്ദേഹം പൗലോസ മരണം രക്തസാക്ഷി മരണം വരിച്ചു എന്ന് നമുക്കറിയാമല്ലോ അപ്പൊ നോക്കുക ഞാൻ പറഞ്ഞു വന്നത് എ ഡി അൻപത്തൊൻപതിൽ താൻ പറയുന്നു ഞാൻ അപ്പോസ്റ്റന്മാരിൽ ചെറിയവൻ എ ഡി അറുപത്തി വർഷം കൂടെ കഴിഞ്ഞപ്പോൾ താൻ പറയുന്നു ഞാൻ വിശുദ്ധന്മാരിൽ ചെറിയവൻ അത് കഴിഞ്ഞ് പിന്നെയും ഒരു വർഷം കൂടെ പിന്നിട്ടപ്പം അവിടെ നിന്നും താൻ മാറിയിട്ട് താൻ പറയുന്നു ഞാൻ പാവികളിൽ ഒന്നാമൻ എന്ന പറയും എങ്ങനെയാണ് ഇങ്ങനെ തന്നെ തന്നെ ചെറിയ ആളായിട്ട് കാണാൻ കഴിഞ്ഞത് അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ദൈവത്തിൻ്റെ ദമസ്കോസിന്റെ പടിവാതി വെച്ച് തനിക്കുണ്ടായ ആ ദൈവാനുഭവത്തെ താന് വെളിച്ചം വലിയൊരു വെളിച്ചം സൂര്യൻ്റെ പ്രകാശത്തെ നട്ടുച്ച സൂര്യൻ്റെ പ്രകാശത്തെ കവിയുന്ന വലിയൊരു വെളിച്ചം എന്നിങ്ങനെ വിശേഷിപ്പിച്ച് പോയത് ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയന്തോറും തൻ്റെ പാപാവസ്ഥയെ കൂടുതൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കും നമ്മളിതേ കാര്യം തന്നെ യശയ്യാവിൻ്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ അറിയാമല്ലോ യശയ്യാവിൻ്റെ ചരിത്രത്തില് യശയാവ് ദൈവത്തിൻ്റെ ഒരു ദർശനം കാണുന്നു യശയ്യാവ് ആറാം അധ്യായം ആറാം അധ്യായത്തിൽ താന് ഉയർന്നും സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നതായിട്ട് കാണുന്നു പക്ഷേ ആ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ എന്താ പറയുന്നത് തൻ്റെ പാപാവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യമാണ് ഏഷയാവ് ആറിൻ്റെ അഞ്ചിൽ യശയാവ് പറയുന്നു ഞാന് ആ നിലയിൽ തന്നെ കുറിച്ച് തന്നെ നോക്കുമ്പോൾ തനിക്ക് ഒന്നും പുകഴ്ചയായിട്ട് പറയാനില്ല ഞാൻ ശുദ്ധിയില്ലാത്ത ആധാരങ്ങളുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവിയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് തന്നെ വിലപിക്കുന്നതാണ് കാണുന്നത് അപ്പം ദൈവത്തെ കൂടുതൽ അറിയന്തോറും സ്വന്ത കുറവുകളെ കൂടുതൽ കാണുന്ന അനുഭവം അപ്പോസ്തലായ പൗലോസും അങ്ങനെയാണ് താൻ ദൈവത്തെ കൂടുതൽ അറിഞ്ഞു കൂടുതൽ കൂടുതൽ അറിയും തോറും തന്നെ തന്നെ കൂടുതൽ കൂടുതൽ പാവിയായിട്ട് കുറഞ്ഞവനായിട്ട് കാണാൻ തനിക്ക് കഴിഞ്ഞു ഇയോബിൻ്റെ ചരിത്രവും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് ഇയോബിൻ്റെ നാല്പത്തി രണ്ടാമത്തെ അധ്യായം ഒടുവിലത്തെ അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിലോട്ട് വരുമ്പോൾ ഇയോബി കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു ഒടുവിൽ പറയുന്നു ദൈവമേ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ എന്നാ ഇപ്പം സ്വന്തം കണ്ണാല് കാണുന്നു സ്വന്തം കണ്ണാൽ കാണുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഞാന് യഥാർത്ഥത്തിൽ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യമാണ് പറഞ്ഞത് നമുക്ക് ഇസ്രായേൽ താഴ്വര അതിൽ നിന്നെടുക്കാവുന്ന പാഠം നമ്മൾ ഒരിക്കലും ഒരു സ്വയബലമുള്ളവരാകരുത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവരാകണം അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ മാത്രമല്ല ദാവീദിനെ പോലെ വർഷങ്ങൾ പിന്നിട്ടാലും പല നിലയിലുള്ള വിജയങ്ങൾ നേടിയാലും പിന്നെയും നമ്മൾ സ്വയത്തിൽ നിഗളിച്ചു പോകരുത് സ്വയത്തിൽ ഊന്നിപ്പോകരുത് ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം പൗലോസിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളത് കണ്ടു അവൻ വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവാനുഭവം അവനൊരു പഴങ്കഥയായി മാറുകയായിരുന്നില്ല മറിച്ച് ദൈവാനുഭവം തനിക്ക് കൂടുതൽ കൂടുതൽ തീഷ്ണമായും ദൈവത്തെ കൂടുതൽ കൂടുതൽ തന്നെ തിരിച്ചറിയുകയുമാണ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് താൻ കൂടുതൽ കൂടുതൽ ചെറിയവനായിത്തീർന്നു തൻ്റെ കണ്ണിൽ യശയ്യാവും അതേ കാര്യം തന്നെ ദൈവത്തെ കണ്ടതോടെ താൻ ചെറിയവനായി താൻ നിൽക്കുന്നു യോബും അതേ കാര്യമാണ് കാണുന്നത് യോവന്റെ ജീവിതത്തിലും അതേ കാര്യമാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ താഴ്വരെ നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് ദൈവം ഉള്ളൂ നമുക്ക് ശേഷവും ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തി എന്ന് പറയുകയല്ലാതെ നമുക്ക് നമ്മൾ തന്നെ ഒരു പുകഴ്ചയില്ല ഓ മിഥ്യാൻ്റെ ശാഠ്യത്തെ നമുക്ക് നമ്മുടെ ബലഹീനത കൊണ്ട് ദൈവോന്മുഖമായ ഒരു ആശ്രയ നമുക്ക് തരുന്ന സ്വന്തം ശക്തിയിലെ ഒരു കഴിവില്ലായ്മ കൊണ്ട് ഒരു ബലഹീനത കൊണ്ട് ശാഠ്യത്തെ നമുക്ക് ജയിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ